ം ഇരുപത്തിമൂന്ന് ദാവീദ് വയോധികനും കാലസമ്പൂർണനുമായപ്പോൾ തന്റെ മകനായ ഷലോമോനെ ഇസ്രയേലിന് രാജാവാക്കി അവൻ ഇസ്രയേലിന്റെ പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും എല്ലാം കൂട്ടിവരുത്തി ലേവ്യരിൽ മുപ്പത് വയസ്സു മുതൽ മേലോട്ടുള്ളവരെ എണ്ണി ആളെണ്ണം പേരുപേരായി അവർ മുപ്പത്തെണ്ണായിരം ആയിരുന്നു അവരിൽ ഇരുപത്തിനാലായിരം പേർ യഹോവയുടെ ആലയത്തിലെ വേല നടത്തേണ്ടുന്നവരും ആറായിരം പേർ പ്രമാണികളും ന്യായാധിപന്മാരും നാലായിരം പേർ വാതിൽക്കാവൽക്കാരും നാലായിരം പേർ സ്ത്രോത്രം ചെയ്യേണ്ടതിന് ദാവീതുണ്ടാക്കിയ വാദ്യങ്ങളാൽ യഹോവയെ സ്തുപിക്കുന്നവരും ആയിരുന്നു ദാവീദ്വരെ ലവിപുത്രന്മാരായ ഗർഷോൻ കെഹാദ് മെരാരി എന്നീ ക്രമപ്രകാരം കൂറുകളായി വിഭാവിച്ചു ഘർഷോന്യ ലാൻ ഷിമയി ലദ്ദാന്റെ പുത്രന്മാർ തലവനായ യഹിയൽ സേഥാ യോവേൽ ഇങ്ങനെ മൂന്ന് പേർ ഷിമയുടെ പുത്രന്മാർ ഷെലോമീത് ഹസിയൽ ഹാരാൻ ഇങ്ങനെ മൂന്ന് പേർ ഇവർ ലദ്ദാന്റെ പൃദൃഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു ഷിമയ്യയുടെ പുത്രന്മാർ യഹർ സീന യൂഷ് ബെരിയ ഈ നാല് പേർ ഷിമു പുത്രന്മാർ യഹർ തലവനും അധികം പുത്രന്മാർ ഇല്ലാതിരുന്നതുകൊണ്ട് അവർ ഏക പ്രതിർഭവനമായി എണ്ണപ്പെട്ടിരുന്നു ത്തിന്റെ പുത്രന്മാർ അമ്ര ഇസഹാർ ഹെബ്രോൻ ഉസിയൽ ഇങ്ങനെ നാലുപേർ അമ്രാമിന്റെ പുത്രന്മാർ അഹരോൻ മോശ അഹരോനും പുത്രന്മാരും അതിവിശുദ്ധ വസ്തുക്കളെ ശുദ്ധീകരിപ്പിനും യഹോവയുടെ സന്നിധിയിൽ ധൂപം കാട്ടുവാനും അവന് ചെയ്യുവാനും എപ്പോഴും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും സദാകാലത്തേക്കും വേർതിരിക്കപ്പെട്ടിരുന്നു ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാരെയോ ലേവിഗോത്രത്തിൽ എണ്ണിയിരുന്നു മോശയുടെ പുത്രന്മാർ ഗർഷോ എലിയസർ ഗർഷോമിന്റെ പുത്രന്മാരിൽ ഷെബുവേൽ തലവനായിരുന്നു എലിയസറിന്റെ പുത്രന്മാർ ഹബ്യാവ് തലവൻ എലിയസറിന് വേറെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല എങ്കിലും രഹബ്യാവിന് വളരെ പുത്രന്മാർ ഉണ്ടായിരുന്നു ഇസ്ഹാരിന്റെ പുത്രന്മാരിൽ ഷെലോമീത്ത് തലവൻ ഹെബ്രോന്റെ പുത്രമാരിൽ യരിയാവ് തലവനും അമരിയാവ് രണ്ടാമനും യഹസിയേൽ മൂന്നാമനും യക്കമയാം നാലാമനുമായിരുന്നു ഉസിയേലിന്റെ പുത്രന്മാരിൽ മീഖ തലവനും ഇഷിയാവ് രണ്ടാമനുമായിരുന്നു മെരാരിയുടെ പുത്രന്മാർ മഹിളി മൂശി മഹിളിയുടെ പുത്രന്മാർ എലയാസർ കീശ് എലയാസർ മരിച്ചു അവന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല കീശിന്റെ പുത്രന്മാരായ അവരുടെ സഹോദരന്മാർ അവരെ വിവാഹം ചെയ്തു മൂശിയുടെ പുത്രന്മാർ മഹിളി യദർ എരേമോത് ഇങ്ങനെ മൂന്നു പേർ ഇവർ കുടുംബം കുടുംബമായി ആളെണ്ണം പേരുപേരായി എണ്ണപ്പെട്ട പ്രകാരം തങ്ങളുടെ പ്രതിർഭവനങ്ങൾക്ക് തലവന്മാരായ ലേബി പുത്രന്മാർ അവർ ഇരുപതു വയസ്സുമുതൽ മേലോട്ട് യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ വേല ചെയ്തു വന്നു ഇസ്രയേലിന്റെ ദൈവമായ യഹോവ തന്റെ ജനത്തിന് സ്വസ്ഥത കൊടുത്ത് എരുഷലേമിൽ എന്നേക്കും വസിക്കുന്നുവല്ലോ ആകയാൽ ലേവ്യർക്കിനി തിരുനിവാസു അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊന്നും ചുമപ്പാൻ ആവശ്യമില്ല എന്ന് ദാവീതു പറഞ്ഞു ദാവിദിന്റെ അന്ത്യകൽപ്പനകളാൽ ലേവ്യരെ ഇരുപതു വയസ്സു മുതൽ മേലോട്ട് എണ്ണിയിരുന്നു അവരുടെ മുറയോ യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി പ്രാകാരങ്ങളിലും അറകളിലും സകല വിശുദ്ധ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്നതിലും ദൈവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് പുത്രന്മാരെ സഹായിക്കുന്നതും കാഴ്ചയപ്പവും പുളിപ്പില്ലാത്ത ദോശകളായും ചട്ടിയിൽ ചുടുന്നതായും കുതിർക്കുന്നതായും അർപ്പിക്കുന്ന ഭോജനയാഗത്തിനുള്ള നേരിയമ്മവും സകലവിധ പരിമാണവും അളവും നോക്കുന്നതും രാവിലെയും വൈകുന്നേരവും യഹോവയെ വാഴ്ത്തി സ്തുതിക്കേണ്ടതിന് ഒരുങ്ങിനിൽക്കുന്നതും യഹോവയ്ക്ക് ശവത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലും യഹോവയുടെ സന്നിധിയിൽ നിരന്തരം അവയെക്കുറിച്ചുള്ള നിയമത്തിനനുസരണയായ സംഖ്യപ്രകാരം ഹോമയാഗങ്ങളെ അർപ്പിക്കുന്നതും സമാഗമന കൂടാരത്തിന്റെ കാര്യവും വിശുദ്ധ സ്ഥലത്തിന്റെ കാര്യവും യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ അവരുടെ സഹോദരന്മാരായ അഹറുവിന്റെ പുത്രന്മാരുടെ കാര്യവും വിചാരിക്കുന്നതും തന്നെ